പരിചിതമായ വാക്യം വായിക്കാം ഒന്ന് യോഹനാൻ ഒന്നാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും കർത്തവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ഓർമ്മ നാം ഇവിടെ ആ നിലയിൽ ആചരിക്കുകയാണല്ലോ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് മാത്രമല്ല ഇന്ന് കർത്താവിനെ അംഗീകരിച്ച് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളും വീഴ്ചകളും വരാറുണ്ട് അങ്ങനെ പാപങ്ങളും വീഴ്ചകളും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ വരുമ്പോഴും നമ്മളെ ധൈര്യപ്പെടുത്തുകയും നമുക്ക് ഉറപ്പ് നൽകുകയും ചെയ്യുന്ന ഒരു വചനമാണ് ഈ വചനം എന്നുള്ളത് കൊണ്ട് ദൈവസഭയിൽ വളരെ വ്യാപകമായിട്ട് ഈ വചനം ആളുകളെ കോട്ട് ചെയ്യപ്പെടാറുണ്ട് ആ വചനം നമുക്ക് ഒന്നുകൂടെ നോക്കാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന ഒരു വചനമാണിത് ഇത് സത്യത്തിൽ നമ്മൾ സദൃശിവാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ആശയത്തെ അല്പം കൂടെ വിപുലപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും സദൃശവാക്യം ഇരുപത്തിയെട്ടിൻ്റെ പതിമൂന്ന് ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല അവയെ ഏറ്റു പറഞ്ഞു ലഭിക്കും നോക്കുക പഴയ ഉടമ്പുടിയുടെ കീഴിൽ അവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം അതൊരു യാഥാർത്ഥ്യമായിട്ട് അവരുടെ മുമ്പിൽ നിൽക്കുന്നില്ല വരാൻ പോകുന്ന ഒരു കാര്യമായിട്ട് അവരുടെ മുമ്പിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് സദൃശ വാക്യ എഴുതിയപ്പോൾ ശലോമോൻ തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല അവപേക്ഷിക്കുന്നവന് ഉപേക്ഷിക്കുന്നവനോ കരുണിക്കും എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ഒരു നീതീകരണ പ്രവൃത്തിയുടെ കാര്യം അവിടെ പറയാതെ ആ കാര്യം അങ്ങനെ അങ്ങ് ഒരു പഴയ ഉടമ്പടിയുടെ ആത്മാവിൽ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് എങ്കിലും അതിൻ്റെ ആശയം നമ്മുടെ കുറവുകളെ കുറ്റങ്ങളെ അതിനെ മൂടി വയ്ക്കാതെ ദൈവസന്നിധിയിൽ വന്ന് അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചാൽ കരുണ ലഭിക്കും എന്നുള്ള ഒരു നല്ല ആശയമാണ് നമ്മൾ അവിടെ കാണുന്നത് എന്നാൽ അതേ കാര്യം തന്നെ ഒന്ന് യോഹന്നാൻ ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കേവലം അത് ഏറ്റുപറയുന്നു അത് മൂടി വയ്ക്കുന്നില്ല എന്നുള്ളതിനപ്പുറത്ത് അവിടെ നമ്മുടെ പാപങ്ങളെ മായ്ക്കുന്ന അതിനെ കാരണമാകുന്ന ഒരാളെക്കുറിച്ച് പറയുന്നുണ്ട് അതാരാണ് അത് കർത്താവാണ് കർത്താവ് കർത്താവിൻ്റെ കാൽവരെ കുറിച്ചിലെ മരണം കർത്താവിന്റെ രഹിതത്താലുള്ള കഴുകൽ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവിടുന്ന് അത് ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും ഈ വാക്യം നമ്മൾ വളരെ ഇന്നത്തെ കർത്തൃപേശയോടുള്ള ബന്ധത്തിൽ നമുക്ക് വളരെ ആഴത്തില് നോക്കിയാൽ വളരെ വ്യത്യസ്തമായ ചില കാര്യങ്ങളെ കണ്ടെത്താനായിട്ട് കഴിയും എന്നെനിക്ക് തോന്നുന്നു അതായത് ഇവിടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കർത്താവ് വിശ്വസ്തനാണ് എന്നാണ് ഫെയ്ത്ത്ഫുൾ കർത്താവ് വിശ്വസ്തനാണ് വിശ്വസ്തത എന്ന് പറയുമ്പോൾ അതെന്താണ് വിശ്വസ്തത എന്ന് പറയുമ്പോൾ അത് ലോയൽറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്നു വെച്ചാൽ അത് കൂറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കർത്താവ് നമ്മളോട് കരുണയും കൂറുമുള്ളവനാണ് അതുകൊണ്ട് നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് കർത്താവ് അത് ക്ഷമിപ്പാൻ തക്കവണ്ണം അവിടുന്ന് വിശ്വസ്തനാണ് അവിടുന്ന് വിശ്വസ്തനാണ് എന്നാൽ അത് നമുക്ക് മനസ്സിലാകും എന്നാൽ രണ്ടാമത്തെ വാക്ക് നമുക്ക് സത്യത്തിൽ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ ഒക്കുന്ന ഒരു കാര്യമല്ല അവിടെ എന്താ പറയുന്നത് കർത്താവ് നീതിമാനാണ് റൈച്വസ് ആണ് വിശ്വസ്തനായ കരുണയുള്ള നമ്മുടെ തെറ്റ് ക്ഷമിക്കുന്നത് നമുക്ക് മനസ്സിലാവും എന്നാൽ നീതിമാനായ ന്യായതൽപരനായ എല്ലാം നിയമത്തിൻ്റെ കണ്ണാടിയിലൂടെ നോക്കി കണക്കുകൂട്ടി ചെയ്യുന്ന ഒരാൾക്ക് ഒരു തെറ്റ് ആവർത്തിച്ചു വരുന്ന ഒരു തെറ്റ് എങ്ങനെ ക്ഷമിക്കാനായിട്ട് കഴിയും എൻ്റെ മുമ്പിൽ ഈ നീതിമാൻ കർത്താവ് നീതിമാനായതുകൊണ്ട് ക്ഷമിക്കുന്നു എന്നുള്ള ഈ കാര്യം എൻ്റെ മുമ്പിൽ ഒരു കീറാമുട്ടി പോലെ നാളുകളായിട്ട് നിൽക്കുകയായിരുന്നു അതേസമയം അവൻ നീതിമാനായതുകൊണ്ട് നമ്മുടെ തെറ്റുകൾക്ക് ശിക്ഷ വിധിക്കുമെന്നാണെങ്കിൽ പറയാൻ എളുപ്പം അത് ശരിയാണ് നമ്മുടെ ലോജിക്കിന് ചേർന്ന് പോകും നീതിമാനാണ് ആ ജഡ്ജി വളരെ നീതിമാനാണ് അതുകൊണ്ട് അവന് വധശിക്ഷ വിധിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാകും അതേസമയം കൊല ചെയ്ത ഒരാൾ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ജഡ്ജി വളരെ നീതിമാനാണ് അതുകൊണ്ട് കൊലയാളിയെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മുടെ യുക്തിക്ക് മനസ്സിലാകില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു ഒരു പ്രയോഗമായിട്ട് എനിക്കിത് തോന്നി അതായത് കർത്താവായ യേശു വിശ്വസ്തനും കരുണയുള്ളവനും ആയതുകൊണ്ട് നമ്മളോട് ക്ഷമിച്ചു നമ്മുടെ പാപങ്ങളെ പോക്കി അത് മനസ്സിലാകും പക്ഷേ കർത്താവ് നീതിമാനായതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു ശുദ്ധീകരിച്ചു എന്ന് പറയുമ്പോഴത് വേണ്ടതുപോലെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ ശ്രദ്ധയിൽ വരാനിടയായത് നീതിയെക്കുറിച്ച് ഉള്ള എൻ്റെ ധാരണ അല്ലെങ്കിൽ നമ്മുടെ ധാരണ ബൈബിള് ഉദ്ദേശിക്കുന്നതിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് എന്നുള്ളതാണ് പ്രശ്നം അതായത് നീതി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ നീതി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നിയമം നിയമം നിയമം ന്യായം നീതി ആ ഭരണഘടനയൊക്കെ വെച്ച് തെറ്റ് ചെയ്തു ഉപ്പ് തിന്നുന്നവൻ നിന്നവൻ വെള്ളം കുടിക്കണം എന്നുള്ള നിലയിൽ ഒരു തെറ്റുണ്ടെങ്കിൽ അതിനൊരു ശിക്ഷയുണ്ട് അതെല്ലാം വളരെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരാളാണ് നീതിമാൻ എന്നാണ് നമ്മൾ പലപ്പോഴും കരുതുന്നത് എന്നാൽ നീതിപാൻ എന്നുള്ള ആ കാഴ്ചപ്പാട് നമുക്ക് ബൈബിളിലെ തന്നെ വേറൊരു ഭാഗത്തോടെ ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ കടംകഥയ്ക്ക് ഉത്തരം കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ ഒന്നാം അധ്യായം മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ ഒന്നാം അധ്യായം അതിൻ്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള കാര്യമാണല്ലോ ദയവായിട്ട് ശ്രദ്ധിക്കണമേ ദയവായിട്ട് ശ്രദ്ധിക്കണമേ അവന്റെ അമ്മയായ മറിയ ജോസഫിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്നെ കണ്ടു പക്ഷെ ഈ കാര്യം ആർക്കറിയില്ല ജോസഫിന് അങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാലാണ് അവള് ഗർഭിണിയായത് എന്നുള്ള കാര്യം ജോസഫിന് ആ സമയത്ത് വെളിപ്പെട്ടിരുന്നില്ല അവളുടെ ഭർത്താവായ ജോസഫ് അതുകൊണ്ട് എന്ത് ചെയ്തു ആ അവളുടെ ഭർത്താവായ ജോസഫ് ീതിമാനാകൊണ്ട് അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ട് അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് നീ ശങ്കിക്കണ്ട നിന്റെ ഭാര്യയെ ചേർത്ത് കൊള്ളാം എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ താഴെയാണ് വായിക്കുന്നത് ഞാൻ പറയാനായിട്ട് ഈ നമ്മൾ ഒന്ന് യോഹൻ ഞാൻ ഒന്നിന്റെ ഒൻപതിൽ വായിച്ചതുമായിട്ട് ചേർത്ത് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം ഒന്നിൻ്റെ പത്തൊൻപതാം വാക്യമാണ് ജോസഫ് നീതിമാനായിരുന്നു അതുകൊണ്ട് എന്തോ ചെയ്തു അതുകൊണ്ട് അവളെ ഉപേക്ഷിച്ചു എന്നതിനോട് ചേർത്തല്ല നീതിമാൻ എന്ന കാര്യത്തെ നമ്മൾ കാണേണ്ടത് നമ്മൾ പലപ്പോഴും അങ്ങനെ അവൻ വളരെ നീതിമാനായതുകൊണ്ട് അവളെ ഉപേക്ഷിച്ചു അത് നമുക്ക് മനസ്സിലാവും എന്നാൽ ഇവിടെ അങ്ങനെയല്ല പറയുന്നത് ജോസഫ് നീതിമാനാകൊണ്ട് അവൾക്ക് ലോകാപവാദം വരുത്താൻ തനിക്ക് മനസ്സുണ്ടായിരുന്നില്ല അവളെ അപമാനിക്കാൻ അവളെ ആളുകളുടെ മുമ്പാകെ കുറ്റവാളിയാക്കാൻ അവന് മനസ്സുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവനവളെ ഗൂഢമായിട്ട് ഗൂഢമായിട്ട് ആരും അറിയാതെ അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം ഒരു ഉപേക്ഷണ കൊടുക്കാതെ അല്ലെങ്കിൽ അവൾക്കൊരു പോരായിക വരുത്താതെ അവളെ രഹസ്യമായിട്ട് അങ്ങ് എന്നാണ് ജോസഫ് തീരുമാനിച്ചത് എന്തുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചു താൻ നീതിമാനായതുകൊണ്ട് നോക്ക നീതിമാൻ അപ്പോൾ ഒരു യഥാർത്ഥത്തിലുള്ള നീതിമാൻ ആ സാഹചര്യം മനസ്സിലാക്കി വളരെ കരുണയോടെ ഇടപെടുന്ന ഒരുവനാണെന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകേണ്ടത് ഒരു ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ശ്രദ്ധിക്കുക ഒരു പാവം പെൺകുട്ടി അവള് എനിക്ക് വിവാഹ നിശ്ചയും ചെയ്തു പക്ഷേ ഏതോ ഒരു ചെറുപ്പക്കാരൻ മറ്റാരോ അവളെ ചതിച്ചു പാവം എങ്ങനെയുമായിട്ട് അവള് വിശ്വസ്തയല്ലായിരുന്നു എങ്കിൽ പോകട്ടെ അവളെ വെറുതെ നമുക്ക് ലോകാപവാദം വരുത്തണ്ട അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ രീതി അനുസരിച്ച് അവൾക്ക് വേറൊരു ശിക്ഷ കൊടുക്കണ്ട അതുകൊണ്ട് അവളെ അങ്ങ് രഹസ്യമായിട്ട് ഉപേക്ഷിക്കാം എന്ന് തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ ജോസഫിൻ്റെ അവളോടുള്ള കരുണയും അവളോടുള്ള അലിവുമാണ് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് അങ്ങനെ മറിയോട് കരുണയും അലിവും കാട്ടുന്ന ജോസഫ് നീതിമാനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു നോക്കിയാ ജോസഫ് അവളെ എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവന്ന് കണ്ടോ ഇവളെങ്ങനെയായി തെറ്റുകാരിയാണ് എന്ന് പറഞ്ഞ് പരസ്യമായിട്ടിത് അവളെ കുറ്റം വിധിച്ചാലും ആരും ജോസഫിനെ കുറ്റപ്പെടുത്തുകയില്ല പക്ഷേ ജോസഫ് ഒരു നീതിമാനായിരുന്നു അതുകൊണ്ട് ജോസഫ് എന്ത് ചെയ്തു ജോസഫ് ആ നിലയിൽ അവൾക്കൊരു ആ നിലയിൽ ഒരു പ്രശ്നം വരാതെ ആ കാര്യങ്ങളെ രഹസ്യമായിട്ട് അവളെ പരസ്യമായിട്ടൊരു കുറ്റവിചാരണയ്ക്ക് വിധേയ വിധേയാക്കാതെ ആ കാര്യം ഗൂഢമായിട്ട് അങ്ങ് ചെയ്യാം എന്ന് തീരുമാനിച്ചു എന്ന് പറയുന്നിടത്താണ് ജോസഫ് നീതിമാനായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ നീതിമാൻ എന്നുള്ള നമ്മുടെ പ്രയോഗം അത് അല്പം വ്യത്യസ്തമായ നിലയിൽ നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും നീതിമാൻ എന്ന് പറയുന്നത് എല്ലാം തലനാരിഴ കീറി ചെയ്യുന്ന ഒരാളല്ല നീതിമാനെന്ന് പറയുന്നത് എല്ലാം ന്യായപ്രമാണമനുസരിച്ച് ചെയ്യുന്ന ആളല്ല അങ്ങനെ ന്യായപ്രമാണം അനുസരിച്ച് തലനാരിഴ കീറി എല്ലാം നിയമത്തിൻ്റെ ആ തുലാസിൽ തൂക്കി ചെയ്യുന്ന ആളെ നിയമാനുസാരി എന്നോ മറ്റോ പറയാം പക്ഷെ നീതിമാൻ എന്താണ് നിയമത്തോട് ചേർന്ന് കരുണയും മഹാമനസ്കഥയും കൂടെ ചേർന്ന ഒരുവനാണ് യഥാർത്ഥത്തിൽ ബൈബിൾ ഉദ്ദേശിക്കുന്ന നീതിമാൻ എന്ന് നമുക്ക് ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിങ്ങനെ വായിച്ചു വരുമ്പോൾ അവൻ എത്രത്തോളം നീതിമാനായിരുന്നു എത്രത്തോളം അവളോട് ഏഹ് അവളോട് നിയമം അനുസരിച്ച് പെരുമാറണം അപ്പോൾ തന്നെ അവളെ ഉപദ്രവിക്കരുത് എന്നുള്ള കണക്കുകൂട്ടലുള്ളവനായിരുന്നതുകൊണ്ട് എത്രത്തോളം ജോസഫ് മഹാമനസ്കഥയുള്ളവനായിരുന്നു കരുണയുള്ളവനായിരുന്നു നീതിമാനായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഭാഗം മാത്രം വായിച്ചാൽ പലപ്പോഴും മനസ്സിലാവുകയില്ല നമ്മൾ ആവർത്തന പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിലാണ് ഇതിൻ്റെ പ്രമാണം നമ്മൾ കാണുന്നത് ആവർത്തന പുസ്തകം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തെരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അല്ലെങ്കിൽ വിവാഹ നിശ്ചയം ശേഷം വിവാഹ നിശ്ചയം ശേഷവും അന്നത്തെ യഹൂദന്മാരുടെ രീതി അനുസരിച്ച് വിവാഹിത വിവാഹിതരായതുപോലെയായിരുന്നു കണക്കാക്കിയിരുന്നത് അതുകൊണ്ടാണല്ലോ മത്തായി എഴുതിയ സുവിശേഷം ഒന്നാമധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് നിന്റെ ഭാര്യയെ ചേർത്ത് കൊള്ളുവാൻ നീനി ശർഗിക്കേണ്ട അപ്പൊ സത്യത്തിൽ വിവാഹം നടന്നിട്ടില്ല വിവാഹ നിശ്ചയമേ നടന്നിട്ടുള്ളൂ പക്ഷെ ദൂതം പറയുന്നു നിന്റെ ഭാര്യയെ അപ്പോ വിവാഹ കഴിഞ്ഞാലും ഭാര്യയെ പോലെയാണ് ആ നിലയിൽ അടുത്ത് പെരുമാറുകയും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു രീതിയായിരുന്നു യഹൂദ നാട്ടിൽ നിലവിലിരുന്നത് നമ്മളിവിടെ ആവർത്തന പുസ്തകം ഇരുപത്തിനാലിന്റെ ആദ്യത്തെ വാക്യം ശ്രദ്ധിക്കുക ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തെരഞ്ഞെടുത്ത് വിവാഹ നിശ്ചയം അല്ലെങ്കിൽ വിവാഹം ചെയ്ത ശേഷം ശേഷം അവളെ അധാർമികമായിട്ട് ദൂഷ്യമായിട്ട് വല്ലതും കണ്ടിട്ട് അവൻ അവളോട് അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കണം അപ്പൊ അന്നത്തെ രീതി എന്താ ഭർത്താവിന് ഇഷ്ടമില്ലെങ്കിൽ ഭർത്താവിന് ഉപേക്ഷിക്കാം ഇത് പഴയ നിയമമാണേ പഴയ നിയമമാണ് പുതിയ നിയമത്തിൽ ഇങ്ങനെയല്ല പുതിയ നിയമം കാര്യം വ്യത്യാസമാണ് കർത്താവ് പറഞ്ഞു ഒരു കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കരുത് എന്ന പറഞ്ഞു നമുക്കറിയാം അത് പക്ഷെ പഴയ നിയമത്തിന് ജോസഫ് ഉണ്ടായിരുന്ന ആ കാലഘട്ടം പഴയ നിയമ കാലഘട്ടമാണല്ലോ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഈ മറിയെ ഒരു ഉപേക്ഷണ പത്രം അവളെ പറഞ്ഞ് വീട്ടിൽ വിട്ടാൽ ഈ ആവർത്തന പുസ്തകം ഇരുപത്തിനാലിൻ്റെ ഒന്നാമത്തെ വാക്യം അനുസരിച്ച് ആരും ജോസഫിനെ കുറ്റം പറയുകയില്ല പക്ഷേ അങ്ങനെ ഉപേക്ഷണപത്രം എഴുതി വിട്ടാൽ അവിടെ ഒരു പ്രശ്നമുണ്ട് അവിടെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഒരു ഭാര്യയെ ഉപേക്ഷിക്കുമ്പോൾ അവൾക്ക് ഉപേക്ഷണ പത്രം എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നുമുതൽ ഭാര്യ ഉപേക്ഷിക്കുന്നു വെറുതെ എഴുതി കൊടുത്താൽ പോരാ അവിടുത്തെ യഹൂദന്മാര് വളരെ നീതിബോധമുള്ള ആളുകളായിരുന്നു അവിടുത്തെ അന്നത്തെ ഉപേക്ഷണപത്രത്തിൽ ഭാര്യ ഉപേക്ഷിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം കാണിക്കണം അതിന്റെ കാരണം കാണിക്കണം ജോസഫ് ഒരു ഉപേക്ഷണ മറിയയ്ക്ക് വേണ്ടി എഴുതി കൊടുത്ത് വിടുകയാണെങ്കിൽ എന്ത് കാരണമാ എഴുതേണ്ടത് എന്ത് കാരണമാണ് എഴുതേണ്ടത് നമുക്കറിയാം അത് വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും തനിക്ക് എഴുതേണ്ടതായിട്ടുള്ളത് അതായത് അവള് അന്യായമായിട്ട് വിവാഹ ജീവിതത്തിൻ്റെ നാല് അതിരുകൾക്കുള്ളിലല്ലാതെ അവള് ഒരു കുഞ്ഞിന് ഗർഭ് ധരിച്ചു അത് തീർച്ചയായിട്ടും തെറ്റായ ഒരു കാര്യമാണ് ഈ ഒരു കാര്യമാണ് താൻ ഉപേക്ഷണ അങ്ങനെ ഉപേക്ഷണ പത്രത്തിൽ എഴുതിയാൽ എന്തുവരെ സംഭവിക്കാം നമ്മൾ ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു വിവാഹ കഴിഞ്ഞിരിക്കുന്ന ഒരു കന്യകയായ ഒരു യുവതി അവള് വിവാഹ നിശ്ചയം ആ യുവാവിനോടല്ലാതെ മറ്റൊരാളോട് ബന്ധം പുലർത്തിയാൽ എന്തു വേണം ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ ഇരുപത്തി നാലാമത്തെ വാക്യം എന്തുവേണം അവരെ ഇരുവരെയും പട്ടണവാതുക്കൾ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊല്ലണം ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം നോക്കുക ജോസഫ് അപ്പൊ മറിയ ഈ നിലയിൽ തെറ്റികാരിയാണ് എന്ന് രേഖപ്പെടുത്തിയാൽ ഒരു അതിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ മറിയയെ അവിടെ കൊണ്ടുവന്ന് പരസ്യമായിട്ട് കല്ലെറിഞ്ഞു കൊല്ലാനും അന്ന് കഴിയുമായിരുന്നു നമുക്കറിയാം കർത്താവിൻ്റെ കാലഘട്ടത്തിൽ യോഹനൻ്റെ സുശേഷം എട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു ഒരു സ്ത്രീയെ വ്യഭിചാരത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് അവർ പറയുന്നു ഇവിടെ ഞങ്ങൾ കല്ലെറിഞ്ഞ് കൊല്ലട്ടെ മോശ അങ്ങനെ പറയുന്നു എട്ടാം അധ്യായം യോഹനന്റെ സുവിശേഷം എട്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പരീശന്മാർ അവരോട് പറയുന്നു മോശയും ന്യായ പ്രമാണവും പറയുന്നത് എന്താ ഇങ്ങനെയുള്ള സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നല്ലേ കർത്താവ് സമ്മതിക്കുന്നു ശരിയാണ് ശരിയാണ് അങ്ങനെയാണ് അപ്പോ കർത്താവിൻ്റെ കാലഘട്ടത്തിലും ഒരു തെറ്റിപ്പോയൊരു സ്ത്രീയെ ഈ നിലയിൽ നമ്മളുടെ രീതി അനുസരിച്ച് പിഴച്ചുപോയ ഒരു സ്ത്രീയെ അവളെ പരസ്യമായിട്ട് കല്ലെറിഞ്ഞു കൊല്ലാം ഇന്നും മിഡിൽ ഈസ്റ്റിൽ മധ്യപൂർവ്വദേശത്ത് അവിടെ ഇപ്പോഴും ആ രീതികളുണ്ടല്ലോ ആളുകളെ കല്ലെറിഞ്ഞ് കൊല്ലുകയും ഇങ്ങനെയുള്ള രീതികളുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ചെയ്താൽ അന്ന് തെറ്റൊന്നുമില്ല പക്ഷേ ജോസഫ് എന്ത് ചെയ്തു ജോസഫ് വിചാരിച്ചു അങ്ങനെ അവളെ കല്ലെറിഞ്ഞ് കൊല്ലുകയോ അല്ലെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ല എന്ന് വിചാരിക്കുക കല്ലെറിഞ്ഞ് കൊന്നില്ലെങ്കിലും അവൾ ആ നാട്ടിൻ പുറത്ത് കഴിയുമ്പോൾ ആളുകളുടെ എല്ലാം നിന്ദാപാത്രമായിട്ട് നിൽക്കും അതാ പോകുന്നു ഇവളെ അറിയലേ ഇന്ന പോലായിരുന്നു ഇന്ന പോലായിരുന്നു ആ അറിഞ്ഞോ ഇന്ന് പോലും നാട്ടിൽ ഇത്രയും വിദ്യാഭ്യാസവും വിവരം പോലും ആളുകളുടെ ജിജ്ഞാസയും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്ന സ്വഭാവവും അടക്കി നിർത്താൻ പറ്റുന്നില്ല അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു സംഭവം ഉണ്ടായ ലോകം മുഴുവൻ അവിടെ ഉള്ള ആളുകൾ മുഴുവനറിയും അപ്പോൾ ഒരു പക്ഷേ മറിയെ കല്ലെറിഞ്ഞ് കൊന്നില്ലെങ്കിലും അവള് കടന്നു പോകുമ്പോൾ ലോകാപവാദമുണ്ട് ലോകാപവാദമുണ്ട് ആളുകളെല്ലാം അവളെ കുറ്റം പറയും അടക്കം പറയും അവൾ അങ്ങോട്ട് നടന്നു പോയി കഴിയുമ്പോൾ പുറകെ രണ്ടുപേര് നിന്ന് ചിരിക്കുക ചെയ്യുന്ന ചിരിച്ച് രഹസ്യം പറയും അവൾ നിർഭാഗ്യത്തിൽ തിരിഞ്ഞു നോക്കിയാൽ എന്നെ കുറിച്ചാണല്ലോ പറയുന്നത് എന്നെ കുറിച്ചാണല്ലോ ഇതെന്നാ ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല ജീവിതകാലം മുഴുവൻ ഒരു സ്ത്രീ ആ നിലയിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ കുറ്റവാളിയായിട്ട് നിൽക്കുന്നു അതിന് ഞാൻ നിമിത്തമാകണോ ജോസഫ് ചിന്തിച്ചിരിക്കാം അങ്ങനെ ഒരു സ്ത്രീയെ ആ നിലയിൽ ഒന്നുകിൽ കല്ലെറിഞ്ഞുകൊല്ലുക അല്ലെങ്കിൽ ഈ നിലയിൽ സമൂഹത്തിൻ്റെ മുന്നിൽ എന്നും കുറ്റവാളിയായിട്ട് നിൽക്കാൻ ഞാൻ എന്തിനിടയാകണം ഞാനൊരു ഉപേക്ഷ ഒരു ഉപേക്ഷണപത്രം എഴുതി കൊടുത്താൽ ഇത് എഴുതാതിരിക്കാൻ ഒക്കുകയില്ല അതുകൊണ്ട് പിന്നെ എങ്ങനെ ആ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഈ കാര്യം എങ്ങനെ ചെയ്യാം എന്ന് ജോസഫ് ചിന്തിച്ചപ്പം ജോസഫിന്റെ മുമ്പിൽ ഒരു വഴി തെളിഞ്ഞു ജോസഫ് വിചാരിച്ചു ഞാൻ ഉപേക്ഷണപത്രം എഴുതി കൊടുക്കുന്നില്ല ഉപേക്ഷണപത്രം എഴുതിയാലല്ലേ അതിൻ്റെ ഒരു കാരണം കാണിക്കേണ്ടതായിട്ടുള്ളൂ ഉപേക്ഷണപത്രം എഴുതി കൊടുക്കാതെ ഗൂഢമായിട്ട് അവളുമായിട്ട് ബന്ധമില്ലാതെ അങ്ങ് മാറിയേക്കാം എന്ന് താൻ തരി താൻ തീരുമാനിച്ചു എന്നാണ് മത്തായഴ്തി സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ പറയുന്നത് പ്രിയപ്പെട്ടവരെ ആ പാകം നമ്മൾ അങ്ങനെ വായിക്കുമ്പോൾ ഇത് ജോസഫിന് സമൂഹത്തിൽ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുക നിങ്ങളൊന്ന് ചിന്തിക്കുക ഉപേക്ഷണപത്രം എഴുതി കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു കാരണം വ്യക്തമാക്കാതെ ജോസഫ് ഈ പെൺകുട്ടിയെ ഉപേക്ഷിച്ചാൽ സമൂഹം എന്ന് പറയും സമൂഹം മുഴുവൻ ജോസഫിനെ കുറ്റപ്പെടുത്തും ജോസഫ് നമ്മൾ വിചാരിച്ചു ഈ ജോസഫ് ഒരു നീതിവാനും പ്രായം ചെന്ന ഒക്കെ ആയതുകൊണ്ട് നല്ല ഒരു മനുഷ്യനാണെന്നാണ് വിചാരിച്ചത് അവനെ ഒരു ഒരു നല്ലൊരു പെങ്കുച്ചിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു അവന് ആ കുട്ടി അവസാനം ഗർഭിണിയായി അവൻ അവസാനം കൈ കഴിയാണ്ട് അവളെ ഉപേക്ഷിച്ച് വെച്ച് ഇങ്ങനെയല്ലേ എല്ലാവരും പറയുക അങ്ങനെ പറയാവുന്ന തൻ്റെ സൽപേരിന് കളങ്കം വരാവുന്ന ഒരു സാധ്യത എടുത്തുകൊണ്ടാണ് ജോസഫ് അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആ കാര്യം കാണാം ജോസഫ് അപ്പോൾ അവിടെ ഒരു വില കൊടുക്കുന്നുണ്ട് ഗൂഢമായിട്ട് അവളെ ഉപേക്ഷിക്കുക ഉപേക്ഷണപത്രം കൊടുക്കാതെ അവളെ വിട്ടുകിളകാ എന്ന് പറയുമ്പോൾ അവിടെ ജോസഫ് ഒരു വില കൊടുക്കുന്നുണ്ട് ജോസഫ് കൊടുക്കുന്ന വില എന്താ തൻ്റെ സൽപ്പേരാണ് ആളുകൾ മുഴുവൻ ജോസഫിനെ കുറ്റപ്പെടുത്തും ജോസഫോ അവന് ഇങ്ങനെ പെരുമാറിയല്ലോ ഒരു പെൺകുച്ചനെ ചതിച്ചല്ലോ ആളുകൾ പറയും കാരണം അവർക്ക് യാഥാർത്ഥ്യം പറഞ്ഞുകൂടാ യാഥാർത്ഥ്യം ഒട്ട് ജോസഫ് എന്തു ചെയ്യാൻ പോകുന്നില്ല ആളുകളുടെ മുമ്പാകെ വെളിപ്പെടുത്താനും പോകുന്നില്ല അങ്ങനെ ഒരളവിൽ ജോസഫിൻ്റെ ഭാഗത്ത് ചിന്തിക്കുക തന്നെ ചതിച്ച ഒരു പെൺകുട്ടിക്ക് വേണ്ടി സ്വന്തം സൽപ്പേരും സ്വന്തം ജീവിതവും നഷ്ടപ്പെടുത്താൻ ജോസഫ് തയ്യാറാവുകയാണ് എന്തുകൊണ്ട് അവൻ നീതിമാനാകൊണ്ട് കണ്ടോ നീതിമാൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കിപ്പോഴാണ് മനസ്സിലാകുന്നത് നോക്കുക കേവലമത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നു എന്നുള്ളതല്ല അതിനോട് ചേർന്ന് ഒത്തിരി സങ്കടങ്ങൾ സ്വയം ഏറ്റെടുക്കുന്ന ഒരു കാര്യമുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ആ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ തുടർന്ന് അവരുടെ നന്മയുദ്ദേശിച്ച് നമ്മുടെ പേര് പോയാലും കുഴപ്പമില്ല എന്നുള്ള നിലയിൽ മറ്റൊരാൾക്ക് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെയുള്ളവനെയാണ് അവിടെ നീതിമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് എന്ത് പറഞ്ഞു മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ടല്ലോ അവിടെ ആ പീലാത്തോസിന്റെ ഭാര്യ ഭാര്യ അവൻ്റെ അടുത്ത് ഏർ എഴുതി കൊടുത്തുവിടുന്ന ഒരു ഭാഗം നമ്മളെ കാണുന്നുണ്ട് എന്താ അവിടെ എന്താ അവിടെ പറയുന്നത് അവന് നീതിമാനാകൊണ്ട് അവന്റെ കാര്യത്തിൽ ഇടപെടരുത് ആ മൊത്തം എഴുതിയ സുവിശേഷം ഇരുപത്തി ഏഴിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിലാണ് നമ്മൾ അത് കാണുന്നത് അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ ഭാര്യ ആളയച്ചു പീലാത്തോസിന്റെ ഭാര്യ ആളയച്ചിട്ട് പീലാത്തകൃഷ്ണനോട് പറയുകയാണ് ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത് ആരാണ് നീതിമാൻ യേശു ആണ് നീതിമാൻ യേശു നീതിമാൻ ആയത് എങ്ങനെയാണ് നമ്മൾ ഈ ജോസഫിൻ്റെ ആ കാര്യവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് കർത്താവിനെ നീതിമാൻ എന്ന് വിളിക്കുന്നതിൻ്റെ ആന്തരാർത്ഥം നമുക്ക് മനസ്സിലാകുന്നു നോക്കുക ജോസഫ് നമ്മൾ ഈ ബൈബിള് പഠിച്ച ജോസഫെന്ന പേരുള്ള ആളുകളൊക്കെ വളരെ നല്ല ആളുകളായിട്ടാണ് പറയുന്നത് ചില പേരുകൾ ചിലപ്പം ചില ചില പേരുള്ള നല്ല ആളുകളുണ്ട് ചീത്തയാളുകളും ഉണ്ട് എന്നാൽ ജോസഫ് എന്നുള്ള ആളുകളെല്ലാം ബൈബിളിൽ വരുന്നവരെല്ലാം കൊള്ളാവുന്ന ആളുകൾ ഈ ജോസഫ് യേശുവിൻ്റെ അപ്പന എന്ന് ലോകം വിളിച്ച ജോസഫ് അതുപോലെ അരിമത്യക്കാരൻ ജോസഫ് അദ്ദേഹം നല്ലവനും നീതിമാനും ഒക്കെയായിരുന്നു അരിമത്യക്കാരൻ ജോസഫ് അങ്ങനെയാണ് പറയുന്നത് ഇവർക്കൊക്കെ പേര് വരാൻ കാരണമായ മറ്റൊരു ജോസഫുണ്ട് ഗോത്ര പിതാവായ ജോസഫ് ആ ജോസഫോ ആ ജോസഫിനെ പോലെ നീതിമാനായ ഒരാൾ ഉണ്ടായിരുന്നു സത്യത്തില് നമ്മൾ ബൈബിള് പഠിക്കുമ്പോ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു ഭാഗം നമ്മളിപ്പോൾ പറഞ്ഞ ഈ ജോസഫിന്റെ നീതിയോടുള്ള ബന്ധത്തിൽ ആ പഴയ ജോസഫിനും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിലാണല്ലോ ജോസഫ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി അഭിമീകരിച്ച ഒരു ഘട്ടം കാണുന്നത് ജോസഫിനെ പൊട്ടക്കണറ്റിൽ ഇട്ടതല്ല അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ജോസഫിനെ ഇസ്മായിലിയ കച്ചവടക്കാർക്ക് വിറ്റതല്ല അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവൻ്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര തിരിച്ചടി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അവൻ്റെ സൽപ്പേര് മുഴുവൻ നശിക്കുന്നത് അല്ലെങ്കിൽ അവൻ കാരാഗ്രഹത്തിൽ ആക്കപ്പെടാനിടയാകുന്നത് എവിടെ വെച്ചാണ് പൊത്തിപ്പേറിൻ്റെ ഭവനത്തിൽ വെച്ചാണ് മുപ്പത്തൊൻപതാം അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തൊൻപതാം അധ്യായത്തിലാണ് ആ കാര്യം പറയുന്നത് നമുക്കെല്ലാവർക്കും ആ സംഭവം അറിയാം ആ കാര്യത്തിൽ പൊത്തിപ്പേറിൻ്റെ ഭാര്യ ജോസഫിനെ കുറ്റാരോപണം നടത്തി പൊത്തിപ്പേർ ഉടനെ അവനെ കാരാഗ്രഹത്തിൽ അയച്ചു കാരാഗ്രഹത്തിലേക്ക് വിട്ടു കാരാഗ്രഹത്തിലാക്കി എന്ന് നമ്മൾ വായിക്കുന്നു ആ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെയൊക്കെ ചിലരെ ഏഹ് ചിലറയൊക്കെ വലിയ നീതിബോധമുള്ള ചില ആളുകളുണ്ട് വലിയ ന്യായബോധമുള്ള ആളുകൾ ചിലര് പറയും ബ്രതറെ അതൊക്കെ വായിക്കുമ്പോൾ എന്റെ ചോര അങ്ങ് തിളയ്ക്കൂ ഇവിടെ പോകാൻ പിടിച്ചു ഒരു ചെറുക്കന് നല്ലൊരു ചെറുക്കൻ അവനെ ഒന്നും അറിയാത്ത പോലെ ഏഹ് നേരത്തെ നമ്മള് സദൃശ്യവാക്യത്തിൽ വായിക്കുന്ന വ്യഭിചാരണിയായ സ്ത്രീയെ പോലെ അവള് വലിയ ദോഷം ചെയ്തേച്ച് ഓ ഞാനൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞ് വായി തുടച്ചേച്ച് ചുമ്മാ നടക്കുന്ന പറയുന്ന പോലെ ഈ പൊത്തിഫേറിന്റെ കാര്യം എന്ത് എന്ത് എന്ത് മോശമായ പ്രവൃത്തിയാണ് ചെയ്തത് ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം നശിപ്പിച്ചില്ലേ ആ ചെറുപ്പക്കാരനെ കാരാഗ്രഹത്തിൽ അടച്ചില്ലേ എന്നിട്ട് ആ കുറ്റം മുഴുവൻ അവൻ്റെ ആരോപിച്ചു അങ്ങനെ ചെയ്യാമോ എന്റെ ചോര തിളയ്ക്കുന്നു എന്നൊക്കെ ആളുകൾ പറയുന്നത് പക്ഷെ ജോസഫിന്റെ ചോരയെ തിളച്ചു ജോസഫിന്റെ ചോര തിളയ്ക്കേണ്ടതല്ലേ സദ്യത്തിൽ പൊത്തിഫേർ വിളിച്ച് നീയെ ഇങ്ങനെയൊക്കെ മോശമായി പെരുമാറിയോ എന്ന് ചോദിച്ചപ്പോൾ ജോസഫിൻ്റെ സ്ഥാനത്താണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാവുന്നത് ഹോ ഇതെന്താ വേലി തന്നെ വിളവ് തിന്നെയും ഇതേത് കാലഘട്ടമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വലിയ പ്രസംഗമൊക്കെ നടത്തിയേ ജോസഫ് എന്ത് ചെയ്തു ജോസഫ് എന്തെങ്കിലും മിണ്ടിയതായിട്ട് അവിടെ പറയുന്നില്ല ജോസഫ് എന്തെങ്കിലും പറഞ്ഞോ നമുക്കറിയില്ല ബൈബിൾ അവിടെ നിശ്ശബ്ദത പാലിക്കുക ബൈബിൾ നിശബ്ദത പാലിക്കുന്നിടത്ത് നമുക്ക് നിശബ്ദത പാലിക്കാം ജോസഫ് ഒരക്ഷരം മിണ്ടിയില്ല തൻ്റെ നേരെ തൻ്റെ നേരെ തൻ്റെ യജമാനൻ പൊത്തിഫേർ തെറ്റായ ചില കാര്യങ്ങൾ ചുമത്തുമ്പോൾ ജോസഫ് എന്തുകൊണ്ടും മിണ്ടാതിരുന്നു ഒരു പക്ഷേ നമുക്കിങ്ങനെ ചിന്തിക്കാം ജോസഫ് നീതിമാനായ ജോസഫ് അവൻ ചിന്തിച്ചു ഞാനിപ്പോൾ ഈ കാര്യമെല്ലാം വെളിപ്പെടുത്തിയാൽ വെളിപ്പെടുത്തിയാൽ എന്തു ചെയ്ത് പറ്റും എൻ്റെ യജമാനൻ്റെ കുടുംബജീവിതം തകരും യജമാനൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചേക്കാം എന്ന് തന്നല്ല അവളോട് പ്രതികാരം വീട്ടിൽ നിന്ന് എന്തിനാണ് ഞാൻ ജയിലിൽ പോയാലും സാരമില്ല ഞാൻ കാരാഗ്രഹത്തിൽ പോയാൽ സാരമില്ല എൻ്റെ യജമാനും കുടുംബവും അവർ സന്തോഷമായിട്ടിരിക്കട്ടെ എന്നുള്ള ഒരു ചിന്തയിലാണ് ജോസഫ് നിശബ്ദമായിട്ട് കാരാഗ്രഹത്തിലേക്ക് പോയതെങ്കിൽ അതിൻ്റെ പിന്നിൽ അവൻ കൊടുത്ത വില എത്ര വലുതാണ് എത്ര വലുതാണ് തൻ്റെ ഒരു ജീവിതം മുഴുവൻ ഏ അല്ലെങ്കിൽ തന്നെ വഞ്ചിച്ച ഒരു വഞ്ചകയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം പണയപ്പെടുത്തുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ അവൻ നീതിമാനാണ് നീതിമാനാണ് നമ്മൾ ഈ ഭാഗം വായിച്ചിട്ട് ചിലപ്പോൾ സൗരന്മാർ പറയും ബ്രദറെ ബ്രദർ അങ് ഒത്തിരി ഭാവന ഉള്ള ആളായതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് ചിന്തിക്കുന്നതല്ലേ അല്ല നിങ്ങൾ സത്യത്തിൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചേർത്ത് വായിക്കുക ചേർത്ത് വായിക്കുമ്പോൾ ഒന്ന് രണ്ട് വർഷത്തിനകം ജോസഫ് എന്ത് ചെയ്തു ജോസഫ് ഈ പൊത്തിപ്പേറിൻ്റെയും മേലധികാരിയായിട്ട് വന്നു പറഞ്ഞാൽ രണ്ടാമനായിട്ട് ആ നാട്ടിലെ പ്രധാനമന്ത്രിയായിട്ട് ജോസഫ് വന്നു ജോസഫ് വന്നപ്പോൾ ജോസഫിൻ്റെ മനസ്സിൽ ചില കാര്യങ്ങൾ കിടപ്പുണ്ടെങ്കിൽ ജോസഫ് നമ്മളാണ് ജോസഫിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇരിക്കട്ടെ ജോസഫിൻ്റെ സ്ഥാനത്ത് നമ്മൾ അസരപ്പള്ളി മാലയുമൊക്കെ ഇട്ട് ഓ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുക ഇരിക്കുമ്പോൾ നമ്മൾ ആദ്യം വേലക്കാരനെ വിളിച്ചു എനിക്ക് എനിക്ക് ചില കണക്കുകൾ തീർക്കാനുണ്ട് വരട്ടെ പുത്തിപ്പേർ ഇവിടെ ഇല്ലേ നമ്മൾ അങ്ങനെ പറയുകയില്ലേ പക്ഷേ ഈ ഭാഗം മുഴുവൻ നമ്മൾ അരിച്ചുപറക്കി നോക്കുക ജോസഫ് ഒരിക്കൽ പോലും പൊത്തിഫറിനെയോ ഭാര്യയോ കുറ്റപ്പെടുത്തുകയോ അവരോടൊരു പ്രതികാരം വീട്ടുകയോ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല അപ്പൊ എന്ത് സംഭവിച്ചിരിക്കാം നേരത്തെ തന്നെ അവൻ ഈ കാര്യങ്ങൾ അവന്റെ ഹൃദയത്തിൽ സെറ്റിൽ ചെയ്തു ഇപ്പോഴാണെങ്കിലും പ്രധാനമന്ത്രി ശേഷമാണെങ്കിലും പൊത്തിഫറിനെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം എല്ലാവരുടെ മുൻപിൽ പരസ്യമാക്കിയാൽ എന്ത് പറ്റും പൊത്തിഫറിന്റെ ഭാര്യയുടെ ജീവിതം തകർന്നു പോകും കുടുംബജീവിതം തകർന്നു ജോസഫ് വിചാരിച്ചു ജോസഫ് വിചാരിച്ചു എന്താ പോട്ടെ അത് വിട്ടേക്കാം ആ രഹസ്യം എന്നോടുകൂടെ അങ്ങ് ശവക്കോട്ടയിലേക്ക് പൊക്കോട്ടെ എന്ന് ജോസഫ് വിചാരിച്ചു എന്തുകൊണ്ട് ജോസഫ് അങ്ങനെ വിചാരിച്ചു അവൻ നീതിമാനായിരുന്നു പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മൾ ഈ നീതിമാൻ എന്ന വാക്കിനെ കുറച്ചുകൂടെ കേവലം നിയമം അനുസരിച്ച് ചെയ്യുന്നവനെന്നുള്ളതിനപ്പുറത്ത് ഒരു തലത്തിൽ എടുക്കണം എന്നെനിക്ക് തോന്നുന്നു ഇവിടെ കർത്താവിൻ്റെ അപ്പനായിട്ട് ലോകം അറിയപ്പെട്ട ജോസഫിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും ജോസഫും ഇതേ കാര്യം തന്നെയല്ലേ ചെയ്തത് ഓ തനിക്ക് വിവാഹ നിശ്ചയം ചെയ്ത ഒരു പെൺകുട്ടി അവൾ ഈ നിലയിലായിപ്പോയി പക്ഷേ അവൾക്ക് ലോകാപവാദം വരുത്താൻ എനിക്ക് താല്പര്യമില്ല അതിന് ആ ലോകാപവാദം മുഴുവൻ ഞാൻ എടുത്തോളാം ഞാൻ എടുത്തോളാം ഇതിനൊരു വില കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോ സഹോദര സഹോദരി ഞാൻ നീ ഒരു നീതിമാനായിട്ടിരിക്കണമെങ്കിൽ നമ്മളൊരു വില കൊടുക്കണം നമ്മൾ വില കൊടുക്കണം നമ്മളെന്താ നമ്മൾ ചില കാര്യങ്ങൾ ആ നിലയിൽ അതെന്നെന്തേക്കുമായിട്ടങ്ങ് നമ്മളോടൊപ്പം ആ രഹസ്യം അങ്ങനെ അങ്ങ് ഇരിക്കട്ടെ ആളുകൾ എന്നെ തെറ്റിദ്ധരിച്ചാലും സാരമില്ല അവരുടെ കുടുംബജീവിതം തകരാതിരിക്കട്ടെ ജോസഫ് അങ്ങനെ ചിന്തിച്ചു ജോസഫ് ഞാൻ ഏത് കാര്യം പറയുമ്പോൾ ജോസഫിന് പിന്നീട് അവിടെ നോക്കുക മുപ്പത്തി ഒൻപതാം നാൽപ്പത്തൊന്നാം അധ്യായം ൊന്നാമ അധ്യായം അതിൻ്റെ അൻപത്തിയൊന്നാമത്തെ വാക്യം നോക്കുക പൊത്തിഫേ അദ്ദേഹം വേറെ ഒരു പുത്തിഫേറിന്റെ അതായത് അവിടുത്തെ ഓനിലെ പുരോഹിതനായ പൊത്തിഫേറ എന്ന് പറയുന്ന മറ്റേ പൊത്തിഫേറിന്റെ പേരിനോട് സാദൃശ്യമുള്ള ഒരു പുരോഹിതന്റെ മകൾ ആസ്നയെ ആസ്നത്തിനെ ആസനത്തിനെ വിവാഹം കഴിച്ചു ആസ്നത്ത് ജോസഫിന് ആദ്യം ഒരു മകനെ പ്രസവിച്ചു ഒരു ആൺകുഞ്ഞ് നല്ല ആൺകുഞ്ഞ് അപ്പോ ജോസഫ് ആ കുഞ്ഞിന് പേരിട്ടത് എന്താണെന്ന് അറിയാമോ അതിന്റെ അൻപത്തിയൊന്നാം വാക്യം തന്റെ ആദ്യ ജാതന് മനശേ എന്ന പേര് പേരിട്ടു മനശ്ശേ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ എൻ്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി ഞാന് ചില കാര്യങ്ങൾ മറക്കണം ആ എന്തൊക്കെ മറക്കണം എന്നെ എൻ്റെ സഹോദരന്മാര് ചതിച്ചത് മറക്കണം എന്നെ അവർ പൊട്ടക്കണച്ചിലിട്ടത് മറക്കണം എന്നെ പൊത്തിഫേറിന്റെ ഭാര്യ എന്നെ അപമാനിച്ചത് ഞാൻ മറക്കണം അതോർക്കുമ്പോൾ പല കാര്യങ്ങൾ ജോ ഏഹ് തന്നെ പാനപാത്രവാഹന്റെ പ്രമാണി മറന്നു താൻ ആ കാര്യം വിട്ട് കളയണം പല കാര്യങ്ങൾ ജോസഫിന്റെ ജീവിതത്തിൽ ഉടനീളം പല പല മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ മുറിവുകളെയൊക്കെ തിരിഞ്ഞു നോക്കിയിട്ട് ആ മുറിവുകളെയൊക്കെ ഒന്നൊന്നായിട്ട് അതിനെല്ലാം പ്രതികാരം ചെയ്യാവുന്ന ഒരു സ്ഥാനത്ത് താനിരിക്കുമ്പോൾ ീജിപ്റ്റിലെ പ്രധാനമന്ത്രിയായിട്ട് ഭർമന്റെ രണ്ടാമനായിട്ട് വാഴുമ്പോൾ ഇതാ തനിക്കൊരു കുഞ്ഞുണ്ടാകുന്നു കുഞ്ഞുണ്ടാകുമ്പോൾ ജോസഫ് എന്താ പറയുന്നത് മറക്കണം മറക്കണം മനശേ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ഓരോ കുഞ്ഞുങ്ങളോട് ഉണ്ടാകുകയും നമ്മളൊക്കെ അവർക്കൊക്കെ മനസ്സേന്ന് ചെയ്താൽ നന്നായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു നമ്മുടെയൊക്കെ പ്രശ്നം എന്താ നമുക്ക് പലതും മറക്കാനൊക്കുന്നില്ല ജോസഫിൻ്റെയും മനസ്സിൽ ചില കാര്യങ്ങൾ തള്ളിക്കയറി വരുന്നുണ്ട് ജോസഫ് പറഞ്ഞു എനിക്കത് മറന്നേ പറ്റുകയുള്ളൂ മറക്കണം ഓരോ തവണ വീട്ടിൽ മോനെ മനശ്ശേ എന്ന് വിളിക്കുമ്പോൾ ജോസഫ് ഒരു ഒരു താൻ ദൈവം പാകിയെടുത്ത ഒരു തീരുമാനം ഒരു സമർപ്പണം ആവർത്തിക്കുകയാണ് ഇല്ല ഞാനത് മറക്കും ഞാനത് മറക്കും മറക്കും സഹോദര സഹോദരി ഇന്ന് നീ ഇവിടെ ഇരിക്കുമ്പോൾ നീ നിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് മനശ്ശേ എന്ന് പേരിട്ട് വിളിക്കണ്ടേ മനശേ ഒരു കാര്യം വരുന്നു പറയുക മനശ്ശേ വേറൊരു സന്ദർഭം വരുന്നു ഒരു ഓർമ്മ വരിക മനഷെ ആ നോക്കുക ജോസഫ് ആരാ പഴയ നീമത്തിലക്തൻ ഈ കാര്യങ്ങളോട് എത്ര പുതിയ നീമ ഉടമ്പടിയുടെ ആത്മാവിൽ അതിനെ ഇവിടെ പ്രതികരിച്ചു എന്ന് നോക്കുക ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞു വന്നത് ജോസഫ് ഇതെല്ലാം മറക്കുന്നു മറക്കുന്നു വിട്ടുകളയുന്നു വിട്ടുകളയുന്നു തന്റെ ആ താന് തന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഓ യേശുവിന്റെ അപ്പൻ ജോസഫിനെ പോലെ തന്നെ തൻ്റെ ജീവിതം തകർത്ത ആ സ്ത്രീയെ സ്ത്രീയെ അവളെ കുറ്റവാളിയാക്കാതെ അതിൻ്റെ എല്ലാ സങ്കടങ്ങളും അതിൻ്റെ എല്ലാ ആ നിലയിലുള്ള കുറ്റംവിധികളും താൻ തന്നെ പേറുന്ന ഒരു ജോസഫാണ് നമ്മൾ ഗോത്ര പിതാവായ ജോസഫും മറ്റേ യേശുവിൻ്റെ പിതാവായ ജോസഫും ആ നിലയിലാണ് അവരെ നീതിമാൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇത്രയും പശ്ചാത്തലം വെച്ചുകൊണ്ട് നമുക്കിനി ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായത്തിലെ വാക്യത്തിലേക്ക് മടങ്ങി വരാം ഒന്ന് യോഹന്നാൻ ഒന്നിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിലേക്ക് മടങ്ങി നമ്മൾ അവിടെ കാണുന്നത് എന്താ കാണുന്നത് നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിക്കത്തക്കവ ക്ഷമിച്ച് സകേലെ അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ ആ നീതിമാനാകുന്നു അവിടുന്ന് നീതിമാനാകുന്നു പ്രിയപ്പെട്ടവരെ കർത്താവ് നീതിമാനാണ് കർത്താവ് ഈ ജോസഫുമാരെ പോലെ നമുക്ക് വേണ്ടി നമ്മുടെ നമ്മുടെ തെറ്റുകൾക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്യുന്നു കർത്താവ് അതിൻ്റെ സങ്കടങ്ങൾ കർത്താവ് പേർന്നു ഇവിടെ നമ്മളിത് വായിക്കുമ്പം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കാൻ തക്കവണ് അവൻ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങ് വേഗം വായിച്ചു ചെയ്യുന്നു പക്ഷെ ഓരോ തവണ നമ്മൾ ചെന്ന് പാപങ്ങൾ ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് പറയുമ്പോൾ ഓരോ തവണയും എന്താണ് ഓരോ തവണയും അതിൻ്റെ ആ അതിൻ്റെ പരിണത കർത്താവാണ് എടുക്കുന്നത് കർത്താവായി എടുക്കുന്നത് ഓ ഒരു തെറ്റുണ്ടെങ്കിൽ അതിനെന്തുണ്ട് അതിനൊരു ന്യായവിധിയുണ്ട് ആരെങ്കിലും ഒരാൾ ആ കുറ്റം എടുത്താലേ പറ്റുള്ളൂ ഒന്നീ ജോസഫ് എടുക്കണം അല്ലെങ്കിൽ പൊത്തിപ്പേറിൻ്റെ ഭാര്യ എടുക്കണം പുത്തുഫറിന്റെ ഭാര്യ വേണ്ട ഞാൻ തന്നെ എടുക്കാമെന്ന് ജോസഫ് തീരുമാനിച്ചു ഒന്നുകിൽ മറിയെടുക്കണം അല്ലെങ്കിൽ ജോസഫ് എടുക്കണം മറിയെ വിഷമിപ്പിക്കേണ്ട ഞാൻ തന്നെ എടുക്കാം എന്ന് ജോസഫ് തീരുമാനിക്കുന്നു ഇന്ന് ഞാൻ ഇന്ന് ഈ ദൈവസന്നിധി ചെന്ന് ഞാൻ വീണുപോയി അതങ്ങ് ക്ഷമിച്ചേര് എന്ന് പറയുമ്പോൾ ദൈവമുമ്പാകെ ഒരു കാര്യം അങ്ങനെ ഗൗരവമില്ലാത്തതല്ല ഓരോ പാപത്തിനും എന്തുണ്ട് ഓരോ പാപത്തിനും അത് നമ്മളൊരു പാപം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഈ കാര്യങ്ങളുമായി അടുത്തു വന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഒരു പാപം വരുമ്പോൾ സത്യത്തിൽ അത് ദൈവത്തിൻ്റെ വിശുദ്ധിയെ മുറിവേൽപ്പിക്കുക ചെയ്യുന്നു ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നോക്കുമ്പോൾ അവിടുന്ന് വിശുദ്ധനാണ് ഹോളിനെസ് അത് തൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് ഒരു ഗുണമാണ് തനിക്കത് വിട്ടൊരു ഒരു മാറ്റമില്ല അശുദ്ധനായ ദൈവം എന്നൊന്നുമില്ല ദൈവമാണോ ദൈവം വിശുദ്ധനാണ് വിശുദ്ധനാണ് ആ ദൈവം വിശുദ്ധനാണ് ഇന്നലെ അവിടുന്ന് വിശുദ്ധനായിരുന്നു ഇന്ന് വിശുദ്ധനാണ് നാളെയും വിശുദ്ധനാണ് ദൈവത്തിന് മാറ്റമില്ല ഗതിഭേദമോ ആഛാദനമോ ഇല്ല അവിടുത്തെ സ്വഭാവഗുണമാണ് വിശുദ്ധി ദൈവം വിശുദ്ധനാണ് അതൊരു മാറ്റമില്ലാത്ത കാര്യമാണ് ലേവിയ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഞാൻ വിശുദ്ധനാകുകയാ നിങ്ങൾ വിശുദ്ധനായിരിപ്പീൻ ഒന്ന് പത്രോസ് ഒന്നാമധ്യായോ അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ പത്രോസ് അത് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് അവൻ വിശുദ്ധനാകുക നമ്മൾ വിശുദ്ധനായിരിക്കണം നോക്കുക നമ്മൾ കർത്താവിനെ സ്വീകരിച്ചതിന് ശേഷം ഈ വഴിയിൽ വന്നതിന് ശേഷം നമ്മൾ ഓരോ തവണയും പാപത്തിൽ വീണു പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഒരളവിൽ ദൈവത്തിൻ്റെ ആ വിശുദ്ധിയെ മുറിവേൽപ്പിക്കുക ചെയ്യുന്നത് മുറിവേൽപ്പിക്കുമ്പോൾ ആ മുറിവിൻ്റെ കുറ്റം ആരെങ്കിലും ഒരാൾ വഹിക്കണം യേശു പറയുന്നു ഞാൻ നീതിമാനാണ് ഞാൻ ആ കുറ്റം എടുത്തോളാം അവര് പൊക്കോട്ടെ അവര് പൊക്കോട്ടെ അവരെ വെറുതെ വിടാം കണ്ടോ ആ ജോസഫ്മാര് ചെയ്ത അതേ മനോഭാവത്തോടെയാണ് കർത്താവ് ഇവിടെ ആയിരിക്കുന്നത് നോക്കുക ഒരു വില കൊടുക്കേണ്ടതായിട്ടുണ്ട് പാപം എന്ന് പറയുന്നത് ഒരു കൊച്ചുകാര്യമല്ല ദൈവത്തിന്റെ മുമ്പാകെ പക്ഷെ അതിനൊരു വില കൊടുക്കേണ്ടതായിട്ടുണ്ട് ആ വിലയും അതിൻ്റെ അതിൻ്റെ ശിക്ഷാവിധിയും ഞാൻ പേറിക്കോളാം അവര് വെറുതെ പൊക്കോട്ടെ എന്നാണ് ഓരോ തവണയും നമ്മള് ദൈവസന്നിധിയിൽ നിന്ന് ചെന്ന് പാപത്തിന് കഴുകൽ പ്രാപിക്കുമ്പോൾ കർത്താവ് മത്യസ്ഥനായിട്ട് പിതാവിനോട് പറയുന്നു ഞാനാ പറഞ്ഞത് വ്യക്തമായോ വ്യക്തമായോ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ഒരാൾ വില കൊടുത്തേ പറ്റുള്ളൂ കർത്താവ് ആ വില കൊടുത്തു കർത്താവ് വില കൊടുത്തെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന രണ്ടായിരം വർഷം മുമ്പ് കർത്താവ് കാൽവരക്രൂശിൽ അന്ന് തകർക്കപ്പെട്ടല്ലോ അന്ന് വില കൊടുത്തല്ലോ അന്ന് അതോടെ കാര്യങ്ങൾ തീർന്നു ഇപ്പം കർത്താവ് സ്വർഗത്തെ സന്തോഷമായിട്ട് ഇരിക്കുകയാണ് എന്നൊക്കെയാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ശരിയാണ് പക്ഷേ വേറൊരർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു വന്ന അർത്ഥത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം ഞാൻ നീയും ഇന്ന് ദൈവത്തിന്റെ വിശുദ്ധിയെ നമ്മുടെ ഒരു പാപം കൊണ്ട് പോറലേൽപ്പിക്കുമ്പോൾ അതിനാരെങ്കിലും ഒരാൾ ഉത്തരം പറഞ്ഞേ മതിയാവും നീലവാനായ ദൈവത്തിന്റെ മുമ്പാകെ ഓ വിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പാകെ ഓ പാപത്തെ കാണാൻ കഴിവില്ലാത്തവനായ ദൈവത്തിന്റെ മുമ്പാകെ ആരെങ്കിലും ഒരാൾ അതിന് മറുപടി പറഞ്ഞേ പതിയാവും കർത്താവ് പറയുന്നു ഞാൻ അതെടുത്തോളാം അവർ പൊക്കോട്ടെ അവർ പൊക്കോട്ടെ എന്ന് പറഞ്ഞ കർത്താവ് അത് ഓരോ തവണയും നമ്മൾ പാപത്തിൽ വീഴുന്നതിനെ നമ്മൾ കുറച്ചുകൂടെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മൾ പലരും ഈ ഒന്നിയോഹന്നാൻ ഒന്നിന്റെ ഒമ്പതാമത്തെ വാക്യം ആ ഒരു തെറ്റ് സംഭവിച്ചു അതിനന്നെ കഥാവിന്റെ രക്തമില്ലേ ഏ ഈ പുരുഷന്മാരെ കുറിച്ചും നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് ഈ പുരുഷന്മാരൊക്കെ അവരെ എന്തെങ്കിലുമൊക്കെ അധാർമീയമായ കാര്യങ്ങൾ കാണിച്ചാലൊക്കെ ഈ സമൂഹം അത് അങ്ങനെ പുരുഷന്മാരങ്ങനെ അവർ ചെളി കാണുന്നിടത്ത് ചവിട്ടും വെള്ളം കാണുന്നിടത്ത് കഴുകും എടാ എടാ ഏഹ് അവരെന്താ അവർക്ക് ഏതായിട്ട് കൊമ്പുണ്ടോ ഏ പക്ഷേ ഇന്നത്തെ നമ്മുടെ പുരുഷ മേധാവിത്വമുള്ള സമൂഹം അങ്ങനെ ഒരു പഴഞ്ചൊല്ലി വെച്ചേക്കും പുരുഷന്മാരെന്തു ചെയ്യും ചെളി കാണുന്നിടത്ത് അവർ ചവിട്ടു വെള്ളം കാണുന്നിടത്ത് കഴു ഈ ഒരു മനോഭാവം നമുക്കുണ്ടോ നമ്മൾ ഞാൻ ചെയ്യും അങ്ങനെ ഞാൻ ചിലപ്പോൾ പാവത്തിലൊക്കെ വീണ പോയെന്നിരിക്കും പക്ഷെ കർത്താവിൻ്റെ രക്തം ഉണ്ടല്ലോ അവിടെ വന്ന് കഴിയും നമ്മൾ വളരെ ഗ്രാൻഡ് ആയിട്ട് എടുത്തിരിക്കുകയാണോ ഈ കാര്യം വളരെ കാഷ്വലായിട്ട് എടുത്തിരിക്കുകയാണോ കാര്യം കർത്താവിൻ്റെ രക്തമുണ്ടല്ലോ അവിടെക്ക് ചെന്ന കഴുകൽ പ്രാപിക്കാമല്ലോ നമ്മൾ ഇവിടെ ഇവിടെ എല്ലാവരും ചെരുപ്പിട്ടാ വരുന്നത് അതാ പണ്ടുകാലത്ത് ചെരുപ്പിടാതെ സ്വഭാവങ്ങളുടെ പുറത്തൊരു ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ചേക്കും വരുന്നവർ വരുന്നവർ കാല് കഴുകിച്ച് അത് തോട്ട് എന്ന് പറഞ്ഞ പോലെ കർത്താവിൻ്റെ രക്തം പാത്രത്തിൽ വെച്ചിരിക്കുന്ന ഒരു വെള്ളം പോലെ നിനക്ക് വന്ന് ഓരോ തവണയും എടുത്ത് ആ കാലുകഴി വളരെ കാഷ്വലായിട്ട് ഇങ്ങനെ കയറി വരുന്നത് പോലെ നമുക്കൊരു ഗൗരവം കുറഞ്ഞു പോയോ ഗൗരവം കുറഞ്ഞു പോയാൽ പ്രിയപ്പെട്ടവരെ ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ നമുക്കതിനെ ഒരു പുതിയ തലത്തിൽ കാണാം ആരെങ്കിലും ഒരാൾ പൊത്തിപ്പേറിൻ്റെ ഭയങ്കര വീട്ടിൽ സുഖമായിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ജോസഫ് കാരാഗ്രഹത്തിൽ പോയേ മതിയാവും സമൂഹത്തിന്റെ മുൻപാകെ നിർമ്മല കന്യകയായിട്ട് അല്ലെ സന്തോഷമുള്ള ഒരു പെൺകുട്ടിയായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ജോസഫ് സമൂഹത്തിന്റെ കുറ്റാരോപണം പേറിയേ മതിയാകേയുള്ളൂ ഞാന് നീയും ഞാന് നീയും കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽപ്പെട്ട് വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന ആ നിൽപ്പെന്ന് പറയുന്നത് വെറും ഒരു നിൽപ്പല്ല രണ്ട് വാക്കുകള് തിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വാക്കുകൾ നമ്മളിവിടെ സാധാരണ പറയാറുണ്ടല്ലോ ഒന്ന് പാപക്ഷമ എന്ന വാക്കാണ് ഫൊർഗീമേഴ്സ് ഓഫ് സിൻ രണ്ടോ രണ്ടാമത്തേത് നീതീകരണം എന്ന വാക്ക് ജസ്റ്റിഫിക്കേഷൻ രണ്ട് തമ്മിലൊരു വ്യത്യാസമുണ്ട് രണ്ട് തമ്മിലൊരു വ്യത്യാസമുണ്ട് വ്യത്യാസം എന്താ പാപം ചെയ്തിച്ച ഒരു കൊച്ചു വന്നിട്ട് ഏ അമ്മയുടെ അടുത്ത് പറയും അമ്മ ഞാന് ശർക്കര കൈയിട്ട് ഒരു ശർക്കര കൊണ്ട് എടുത്ത് കഴിച്ചായിരുന്നു ആ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ക്ഷമിച്ചിരിക്കുന്നു അമ്മ ക്ഷമിച്ചു പക്ഷേ അടുത്ത ദിവസം എന്തെങ്കിലും അവനൊരു പ്രശ്നം ഉണ്ടാക്കാൻ പറയൂ എടാ നീ ശർക്കര കള്ളനല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഇല്ലാഞ്ഞപ്പോയി ശർക്കരഭരണി കൈയിട്ടവനല്ലേ ഏഹ് അപ്പോ അമ്മയുടെ മുമ്പിൽ അവൻ എങ്ങനെയാണ് അവൻ ശർക്കരഭരണി അവൻ തെറ്റ് ചെയ്തവനാണ് ആ തെറ്റ് ഞാൻ ക്ഷമിച്ചു അവനെ അടിച്ചു അവന്റെ തെറ്റ് ഞാൻ ക്ഷമിച്ചു പക്ഷെ പണ്ട് ശർക്കര മോഷ്ടിച്ച കള്ളനായിട്ട് തന്നാണ് അവന്റെ അമ്മയുടെ മുമ്പിലുള്ള അവന്റെ സ്റ്റാൻഡ് എന്നാൽ അമ്മ പറയുക മോനെ ഞാൻ ഇതിൻ്റെ ശർക്കര എടുത്തു നിന്നുള്ള ആ ഒരു ഇതിനെ ഞാൻ കേവലം ക്ഷമിക്കുകയല്ല ഞാൻ കർത്താവൊക്കെ ചെയ്യുന്ന പോലെ അതിനെ അങ്ങ് ജസ്റ്റിഫൈ ചെയ്യാം എന്നമ്മ പറഞ്ഞാലെന്താ പിന്നെ ഉള്ളത് അവനെ പിന്നൊരിക്കപ്പോലും ഒരിക്കൽ പോലും അവനത് ക്ഷമിച്ചു കൊടുക്കുമെന്ന് മാത്രമല്ല അവൻ ഒരിക്കൽ പോലും അമ്മയില്ലാത്തപ്പോ ശർക്കര ഭരണയിൽ കൈയിട്ടവനായിട്ട് ഒരിക്കൽ പോലും ചിത്രീകരിക്കുകയില്ല ഇതാണ് ജസ്റ്റിഫിക്കേഷൻ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ നമ്മള് ദൈവസന്നിധിയിലുള്ള നമ്മുടെ നിപ്പെന്ന് പറയുന്നത് പാപം ക്ഷമിച്ച് കിട്ടിയ കുറ്റവാളി എന്നുള്ള നിൽപ്പല്ല നമ്മുടേത് മറിച്ച് എന്താണ് ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പാപവും ചെയ്യാത്തവൻ എന്നുള്ള നീരീകരിക്കപ്പെട്ട നിൽപ്പാണ് നമ്മുടെ നിൽപ്പം രണ്ട് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ഏ ഒരാള് ഒരാൾ ഒരു കുറ്റം ചെയ്തു കോടതി അവനെ നീ കുറ്റവാളിയാണ് എന്നാലും നിന്നെ ശിക്ഷിക്കുന്നില്ല ചില മാനുഷിക പരിഗണന വെച്ച് നിന്റെ വെറുതെ വിടുന്നു എന്ന് പറഞ്ഞാലും അവൻ എന്നും സമൂഹത്തിന്റെ മുമ്പിൽ തല താഴ്ത്തിയേ കാര്യം അവനെ അവനൊരു മുൻകുറ്റവാളിയാണ് എന്നുള്ള നിലയിലാധിക്കും അതേസമയം ആ കോടതി തന്നെ തെളിവുകളെല്ലാം പരിശോധിച്ചിട്ട് പറയുക ഇവൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല ഇവനൊരു ഇവന് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടാലോ അവൻ ഇറങ്ങി വരുമ്പോ തല ഉയർത്തിയാവരുന്ന് സമൂഹത്തിന്റെ മുമ്പ് പ്രിയപ്പെട്ടവരെ നമ്മളെ ദൈവം പാപങ്ങൾ ക്ഷമിക്കുകയല്ല മറിച്ച് എന്താ നമ്മളെ നീതിമാൻ എന്ന് പ്രഖ്യാപിക്കുക നമ്മളെ നീതികരിക്കുകയാണ് ചെയ്യുന്നത് നീതികരിക്കുക ചെയ്യുന്നത് അങ്ങനെ നീതീകരിക്കുമ്പം അവിടെ ഒരു വിലയുണ്ട് വിലയുണ്ട് ആ വില ആരെങ്കിലും കൊടുത്തേ മതിയാകുള്ളൂ കർത്താവ് പറയുന്നു ഞാൻ കൊടുത്തോളാം ഞാൻ കൊടുത്തോളാം അവര് പൊക്കോട്ടെ ജോസഫ് പറഞ്ഞു അവള് സുഖമായിട്ട് ജീവിച്ചോട്ടെ ഞാൻ ഈ ആളുകളുടെ നിന്നയെല്ലാം കയറിക്കോളാം മറ്റൊരു ജോസഫ് പറഞ്ഞു അവരുടെ കുടുംബജീവിതം തകരണ്ട ഞാൻ ജയിലിൽ പൊക്കോളാം ആ മനോഭാവം ഏറ്റെടുത്ത് യേശു നീതിമാനാണ് നീതിമാനാകുന്നു നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കത്തക്കവണ്ണം അവൻ ശുദ്ധീകരിക്കത്തക്കവണ്ണം അവൻ നീതിമാനാകുന്നു നീതിമാനാകുന്നു പ്രിയപ്പെട്ടവരെ നീതി എന്ന് പറയുന്നത് കേവലം ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൂക്കി തുലാസിൽ തൂക്കി ചെയ്യുന്ന ഒരു കാര്യമല്ല മറിച്ച് അതെന്താ മറ്റവരുടെ സംഘടനങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു കാര്യമാണ് ഒരു കുരിശിനെ അറിയുകയാണ് ചെയ്യുന്നത് യേശു ക്രൂശിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പം പലപ്പോഴും നമ്മൾ രണ്ടായിരം വർഷം മുമ്പ് യേശു ക്രൂശിക്കപ്പെട്ട ആ ഒരൊറ്റ രംഗം മാത്രമേ നമ്മുടെ ചിന്തയിലുള്ളൂ എന്നാൽ സഹോദര സഹോദരി ഞാൻ നീയും ഓരോ പാപം ചെയ്യുമ്പോഴും യേശു യേശു ഇന്നും ക്രൂശിനെ സ്പർശിക്കുകയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ നീതിമാൻ എന്ന വാക്കിനോടുള്ള അർത്ഥത്തിൽ ആ നിലയിലാണ് ഒന്ന് യോഹനാനൊന്നിൻ്റെ ആ ഒമ്പതാമത്തെ വാക്യം നമ്മളെ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് കർത്താവ് അങ്ങനെ ചെയ്യുന്നു കർത്താവ് അങ്ങനെ ചെയ്യുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നമ്മളോടുള്ള കരുണ കൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവരോടുള്ള കരുണ കൊണ്ട് ഒരു ഒരു വീട്ടിൽ അഞ്ചു വയസ്സുകാരനൊരു മോനുമുണ്ട് മൂന്ന് വയസ്സുകാരി മൂളുമുണ്ട് രണ്ടു പേരോടും അമ്മ പോകാൻ നേരത്ത് പറഞ്ഞു വീട്ടിൽ വഴക്കൊന്നും ഉണ്ടാക്കരുത് രണ്ടുപേരും ഭംഗിയായിട്ടൊക്കെ ഇരുന്നോണം ഞാൻ ഒരു മണിക്കൂറിനകം വരും ഏഹ് വീട്ടിൽ കുഴപ്പമൊന്നും ഉണ്ടാക്കിയേക്കരുത് ഏറ്റു ഏറ്റു എന്ന് ആങ്ങളെയും പെങ്ങളും പറഞ്ഞു ഏഹ് അഞ്ച് വയസ്സുകാരൻ ഏഹ് മൂന്ന് വയസ്സുകാരി മോളും അങ്ങനെ പറഞ്ഞു അമ്മ പോയി അമ്മ പോയിക്കഴിഞ്ഞ ഉടനെ തന്നെ മോൾ പറഞ്ഞു ആ അച്ചാച്ചാ എനിക്ക് അമ്മ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ആ വില കൊടുത്ത് വാങ്ങിച്ച ആ പുതിയ പാത്രമില്ലേ ആ പാത്രം ഒന്ന് എടുത്ത് കണ്ടാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ് അവൾ ഷെൽഫേ കയറി അവൾ ആ വെള്ളി ആ പാത്രം ഒന്ന് ആ പളുങ്കുപാത്രം ഒന്ന് എടുത്തു കൊച്ചിൻ്റെ കൈ തട്ടി അതെന്തുപറ്റി താഴെ വീണ് ആയിരം ചീളായിട്ടത് നുറുങ്ങി കിടക്കുക ഈ സമയത്ത് അമ്മ വരുന്നു അമ്മ വരുമ്പോൾ അമ്മ ചോദിക്കുന്നു ആരായത് ചെയ്തത് ആരായത് ചെയ്തത് മോന് പറയാനുണ്ട് അത് അവളാ ചെയ്തതെന്ന് പറയാനുണ്ട് പക്ഷെ അവിടെ കണ്ണീ നോക്കുമ്പം ആ കണ്ണിലൊരു ഒരു കണ്ണുനീർത്തുള്ളി ഇങ്ങനെ ഉരുണ്ടുകൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ അവൻ പറഞ്ഞു മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു അമ്മേ എൻ്റെ കയ്യിൽ നിന്ന് അത് താഴെ പോയതാണ് ഞാനാ എൻ്റെ കയ്യിൽ നിന്ന് വീണ് പോയതാണ് അവൻ്റെ അയിൽ നിന്നാണോ വീണ് അവൻ്റെ അയിൽ നിന്നല്ല പോയത് പെങ്ങളുടെ അയിൽ നിന്നാണ് പോയത് അവൻ എന്തുകൊണ്ട് പെങ്ങളുടെ കുറ്റം സ്വയം ഏറ്റെടുത്തു അമ്മ തരുന്ന അടിയും അമ്മയുടെ കുറ്റപ്പെടുത്തലുമെല്ലാം അവൻ ഏറ്റുവാങ്ങുന്നത് എന്തുകൊണ്ടാണ് ഏറ്റുവാങ്ങുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ആ അവൻ്റെ ആ കുഞ്ഞു പെങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അവനത് ചെയ്യുന്നത് ഇന്ന് അപ്പോൾ അങ്ങനെ തനിക്ക് വേണ്ടി ആ കുറ്റം ഏറ്റെടുത്ത് ശിക്ഷാവിധി ഏറ്റെടുത്ത അവളുടെ അച്ചാച്ചനെ കാണുമ്പോൾ അവളുടെ മനസ്സിലെന്താ ഉള്ളത് അവനെ നോക്കുമ്പം ഒരുപക്ഷെ അമ്മയുടെ മുമ്പിൽ വെച്ച് അല്ല അച്ചാച്ചനല്ല ഞാൻ പൊട്ടിച്ച ഞാനാ പൊട്ടിച്ചെന്ന് പറയാൻ അവൾക്ക് ധൈര്യമില്ല പക്ഷേ ഒറ്റയ്ക്ക് കാണുമ്പോൾ അമ്മയുടെ അടിയെല്ലാം ഏറ്റുവാങ്ങി അവനെ കരഞ്ഞോണ്ട് ആ കിടക്കുമ്പോൾ അടി കൊണ്ട പാടയിലൊക്കെ ഈ പെങ്ങൾ പോയി നിന്ന് തഴുകിക്കൊടുക്കുക എനിക്ക് വേണ്ടിയാ എനിക്ക് വേണ്ടിയാണ് ഈ അടിയെല്ലാം കൊണ്ടത് സഹോര സഹോരി ഞാൻ ഈ കാര്യത്തെ ഒത്തിരി അങ്ങ് സെന്റിമെന്റൽ ആക്കുകയാണ് ഇന്ന് നമ്മൾ കർത്തൃമേശയിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് പറയണം കർത്താവേ എനിക്ക് വേണ്ടിയാ എനിക്ക് അടി കൊണ്ടത് വിടാൻ വേണ്ടിയാ എന്നെ നീതിയിരിക്കാൻ വേണ്ടിയാ എന്നെ സ്വർഗീയ കോടതിയുടെ മുമ്പാകെ ഒരു തെറ്റും ചെയ്യാത്തവനായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയാ നീ അത് ചെയ്തു നീ അത് ചെയ്തത് നീ നീന്തിവാനായത് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് കേട്ട വചനങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ കർത്തമേശയോടുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ കൊണ്ടുവരികയും ചെയ്യാം നമ്മള് നമുക്കൊരു നിമിഷം ദൈവസന്നിധി എഴുന്നേറ്റ്